അള്ളാഹുസുബഹാനുഭൂവ ധായാലായയുടെ പ്രീതിയാഗ്രഹിച്ചും തങ്ങളുടെ മനസ്സുകൾക്ക് ഉറപ്പുവരുത്താനുമായി സമ്പത്ത് ചിലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ഉയർന്ന പ്രദേശത്തുള്ള തോട്ടം പോലെയാണ് അതിൽ കനത്ത മഴ പെയ്തപ്പോൾ അത് ഇരട്ടിഫലം നൽകി കനത്ത മഴ പെയ്യാതിരുന്നാലും ചെറിയ മഴ മതിയാകും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുസുബഹാനുഭൂവ ധായാല കാണുന്നുണ്ട്